ഇടിമുഴക്കം അവൻറെ സ്തുതികളോടെ അവനെ തസ്സീഹ ചെയ്യുന്നു മലക്കുകളും അവൻറെ ഭയത്താൽ അങ്ങനെ ചെയ്യുന്നു അവൻ മിന്നൽപ്പിണരുകളെ അയയ്ക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ ദേർഭി ബാധിക്കുകയും ചെയ്യുന്നു എന്നിട്ടും അവർ അള്ളാഹുസുബാനഹൂവറ്റ ആലായെക്കുറിച്ച് തർക്കിക്കുന്നു അവൻ അതിശക്തനായ തീരുമാനമുള്ളവനാണ്